കിയാന്തരാസക്തിമ്യ കീടകോധ്യാ ഹി അലിഭാവമൃതി തന്നോ പരമാത്മ തനിധി ആചാര്യസ്വാമി വിവേച്ചൂടാമണിയിൽ പറയുന്നു നിർവിക്കൽ സമാധി സ്ഫുടം ബ്രഹ്മത്തവഗമ്യത്തെ ധ്രുവം നയഥാ ചലതയാ മനോഗത്തെ പ്രത്യയാന്തര വിമിശ്രിതം ഭവേത് നിർവികൽപ്പ സമാധി എന്ന് പറയുന്നത് യോഗമാർഗത്തിലുമുണ്ട് ജ്ഞാനമാർഗത്തിലുമുണ്ട് യോഗമാർഗത്തിൽ വരുന്ന നിർവികൽപ സമാധി നിർവികൽപ്പ യോഗമാണ് ജ്ഞാനമാർഗത്തിൽ വരുന്ന നിർവികൽപ്പ സമാധി നിർവികൽപ ബോധമാണ് യോഗത്തിൽ അതിൽ പ്രവേശിക്കലും ഉണരലും ഒക്കെ ഉണ്ട് ജ്ഞാനത്തിൽ അതിൽ പ്രവേശിക്കലും ഒന്നുമില്ല ബോധം വരുത്തലേ ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യരൂപഹരി നാരായണായനം ഇവിടെ ജ്ഞാനമാർഗത്തിൽ എന്താവണം പ്രത്യയാന്തര വിമിശ്രണത്തിനെ നീക്കല് മാത്രമാണ് ജ്ഞാനമാർഗത്തിലുള്ള അഭ്യാസം ബോധത്തിനെ പ്രത്യയങ്ങൾ മറച്ചുകൊണ്ടേയിരിക്കും ഒരു വിളക്ക് വെച്ചാൽ ആ വിളക്കിന്റെ മുമ്പിൽ അനേക കളറുള്ള ഗ്ലാസ് ഒന്നിങ്ങനെ ചുറ്റിക്കൊണ്ടേയിരിക്കുകയാണെങ്കിൽ മഞ്ഞ കളർ വരുമ്പോൾ മഞ്ഞ വെളിച്ചവും ചുവന്ന കളർ വരുമ്പോൾ ചുവന്ന വെളിച്ചവും നീല കളർ വരുമ്പോൾ നീല വെളിച്ചവും വരുന്നു പക്ഷെ വെളിച്ചത്തിന് ഈ കളറൊന്നുമില്ല ഈ ഗ്ലാസ് കളർ ചെയ്യണത് അതേപോലെ ഞാൻ ഉണ്ട് എന്നുള്ള കേവലമായ ചിത്തിന് ഒരു കളറുമില്ല പക്ഷെ നമ്മൾ ലോകവ്യവഹാരത്തിലും വെറുതെ ചുമ്മായിരുന്നാലും ഒക്കെ തന്നെ ആ ചിത്ത് കാമമായിട്ടും കോപമായിട്ടും അസൂയയായിട്ടും നല്ലതായിട്ടും ചീത്തയായിട്ടും ബ്രാഹ്മണനായിട്ടും ക്ഷത്രിയനായിട്ടും ശൂദ്രനായിട്ടും നല്ല ആളായിട്ടും ചീത്തയാളായിട്ടും പലവിധത്തിലും വിമിശ്രണം ഉണ്ടായിക്കൊണ്ടേയിരിക്കണം ജാതിനീതി കുലഗോത്ര ദൂരകം നാമരൂപഗുണദോഷവർജിതം ദേശകാല വിഷയാതിവർത്തിയ ബ്രഹ്മതത്വമസിഭാവയാത്മനി യരം സകലവാഗോചരം ഗോചരം വിമല ബോധചക്ഷുഷുദ്ധിഘനം അനദിവസ്തുയ ബ്രഹ്മത്താവയാത്മനി ഷഡ്ഭിൂർമ്മിഭി യോഗിഹുർഭാവിതം നൈർർവിഭാവിതം ബുദ്ധിയവേദ്യം അനവദ്യം അസ്തിയത് ബ്രഹ്മത്താവയാത്മനി ബ്രഹ്മതത്വമസി ഭാവയാത്മനി ആ ബ്രഹ്മം നീയാണെന്ന് ഭാവന ചെയ്യും ഭാവന ഇവിടെ എന്താ പ്രത്യാന്തരങ്ങളെ നീക്കുകയാണും ഞാൻ എന്ന അനുഭവത്തിനെ ശുദ്ധ ചിത്തായി നിർത്തുകയാണും രമണ ഭഗവാൻ ഇതിനു വഴി പറയണത് ഓരോ വിചാരങ്ങളും വികാരങ്ങളും വരുമ്പോൾ ഇതൊക്കെ ആർക്ക് എന്ന് ചോദിക്കാം എനിക്ക് വരണു ഞാൻ ആരാണ് ഞാൻ എന്ന് എന്താണ് എന്ന് ഞാൻ എന്നുള്ള അഹംവൃത്തിയെ ഗ്രഹിക്കാം ഈ അഹംവൃത്തി മറ്റു വൃത്തികളിൽ നിന്നും വിമുക്തമാവുകയും ഉദിക്കുന്ന സ്ഥലത്ത് അടങ്ങുകയും ചെയ്യുമ്പോ അഹം എന്നുള്ള അല്പമായ ജീവാഹന്ത മൂലത്തിൽ ലയിക്കുമ്പോ മറ്റൊന്ന് താൻ അവിടെ പ്രകാശിക്കും പരമപൂർണ സത് അഹമയം കുത്തോഭവതി ചിൻവത അയപ്പതത്യഹം നിജ വിചാരണം അഹമിനാശഭാജി അഹമഹം പരമപൂർണ സത് അത് അഹമഹന്തയാ അവിടെ പ്രകാശിക്കണത് അവിഛിന്ന ബോധമാണ് ഈ അഹങ്കാരം വിച്ഛിത്തിയുള്ള അല്പാനുഭവമാണ് ഞാൻ എന്ന് പറയുന്ന വ്യക്തിബോധം ആ വ്യക്തിബോധം ഇല്ലാതാവുമ്പോ ജാഗ്രതയോടെ ഇരിക്കുമ്പോ തന്നെ അവിഛിന്നമായ ബോധസ്ഫൂർത്തി ഉള്ളിലുണ്ടാവുന്നു ആത്മസ്രോതസ് എന്നൊക്കെ ഭാഗവതത്തിൽ കപിലോപാഖ്യാനത്തിൽ പറയണുണ്ട് ദേവഹൂതി കപിലന് ഉപദേശിച്ചു കഴിയുമ്പോൾ അത്ഭുതമായ ഒരു ശ്ലോകമാണിത് കപില ഭഗവാൻ ഉപദേശിച്ചു കഴിയുമ്പോൾ ദേവഹൂതി പറയാണ് ഭഗവാനെ ഞാൻ അങ്ങയെ എന്റെ ആത്മസ്രോതസ്സിൽ കാണുന്നു എന്നാണ് എന്നുവെച്ചാൽ തന്റെ പുത്രനാണെന്നും ഒരു വ്യക്തിയാണെന്നുള്ള ഭാവമൊക്കെ പോയി തന്റെ അന്തര്യാമി തന്നെയാണ് പുറമേ വന്ന് ഉപദേശിച്ചത് എന്നുള്ള യൗകികമായ ദൃഷ്ടി ഉണ്ടായിട്ടില്ലെങ്കിൽ അങ്ങനെ പറയാനേ പറ്റില്ല എന്റെ ആത്മസ്രോതസ്സിൽ ഞാൻ അങ്ങയെ കാണുന്നു എന്റെ അകമേയുള്ള ആത്മസ്രോതസ്സ് തന്നെയാണ് പുറത്ത് കപിലനായി വന്ന് എനിക്ക് ഉപദേശിച്ചത് എന്ന് കാണുന്നു അന്തർബിഷ് ശൈത്യം ഇവ പ്രതീതം എന്നൊക്കെ ഭാഗവതത്തില് ബ്രഹ്മാവ് പറയണു പതുക്കെ പതുക്കെ പതുക്കെ അനുഭവം തെളിയും തോറും അന്തർബിഷ് ശൈത്യമിപ പ്രതീതം ഉള്ളിലും പുറത്തുമൊക്കെ അങ്ങനെ തെളിഞ്ഞു പ്രകാശിക്ക എപ്പോ ഈ ഉള്ളിലുള്ള ഞാൻ എന്നുള്ള സെന്ററിൽ ശുദ്ധ ചിത്തിനെ ചിത്തുകൊണ്ട് ചിത്ത് തന്നെ അനുഭവിക്കുന്നുവോ എന്ന് വെച്ചാൽ മനസ്സിന്റെ തടസ്സമില്ലാതാവുന്നു അപ്പോ ആത്മസാക്ഷാത്കാരായി അവിടെ മനസ്സുകൊണ്ടല്ല ബോധത്തിനെ ബോധം തന്നെ അനുഭവിക്കുകയാണ് സ്വബോധേപതയാത്മനഹീപേച്ഛ യഥാസ്വാത്മപ്രകാശനെ ഒരു വിളക്ക് ഉണ്ടെന്നറിയാം മറ്റൊരു വിളക്ക് വേണ്ട അതുപോലെ ബോധത്തിനെ അറിയാൻ മറ്റൊരു ബോധം ബോധിപ്പിക്കേണ്ടതില്ല അത് സ്വയം പ്രകാശമാണ് അങ്ങനെ ആ ചിത്ത് അകമേക്ക് തെളിഞ്ഞു കഴിയുമ്പോൾ ആ ചിത്തിൽ ചിത്തത്തിന്റെ സമ്പർക്കമില്ലാതായിട്ട് തീരുമ്പോൾ സത്വഗുണം രജോഗുണം തമോഗുണമൊക്കെ പോയിപ്പോ വീണ്ടും സത്വഗുണം രജോഗുണം തമോഗുണം എന്ന ഗുണങ്ങളുടെ സമ്മിശ്രമില്ലാതെ നോക്കുകയാണ് മനനനിധിധ്യാസനങ്ങളിലൂടെ ഒരാൾ ചെയ്യുന്നത് സത്യത്തിനെ അല്പമൊരു വിദൂരവീക്ഷണം ചെയ്താൽ തന്നെ അയാൾ ജ്ഞാനിയായിരിക്കുന്നു പക്ഷെ എന്നാലും കൈവല്യത്തിലൊക്കെ പറയുന്നുണ്ട് അതിടജ്ഞാനം കൊണ്ട് ഒരാൾക്ക് സമ്പൂർണ്ണ മുക്തി സിദ്ധിക്കില്ല ജന്മജന്മങ്ങളിൽ സിദ്ധിക്കും ഈ സംസ്കാരം ഉള്ളിൽ കിടക്കുകയും വരുന്ന ജന്മങ്ങളിലൊക്കെ അതിന്റെ സ്ഫൂർത്തി ഉണ്ടാവുകയും പതുക്കെ വികസിക്കുകയും ചെയ്യുമായിരിക്കും പക്ഷെ ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ പൂർണ്ണ ആനന്ദം അനുഭവിക്കുക ജീവൻമുക്തി എന്നുള്ളതൊന്നും സാധ്യമല്ല എന്നാണ് അദൃഢ്ഞാനം പോരാന്നാണ് അദൃഢ്ഞാനം ഉണ്ടെങ്കിൽ തന്നെ ദൂരത്തു നിന്ന് ആ സത്യത്തിനൊന്ന് തെളിഞ്ഞു കണ്ടാൽ തന്നെ ഗീതയും വാസിഷ്ടവും ഉപനിഷത്തും എന്ത് വേണമെങ്കിൽ നോക്കിയാൽ മനസ്സിലാവും കാരണം അയാൾക്ക് അയാളുടെ ഉള്ളിൽ കണ്ടതുകൊണ്ട് അത് പറഞ്ഞതൊക്കെ അയാൾക്ക് മനസ്സിലാവും പക്ഷെ ആ മനസ്സിലായാലും പിന്നീം സംസരണ ഉണ്ടാവും ആ സംസരണം നിൽക്കണമെങ്കിൽ എന്നുവെച്ചാൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പൂർണാനന്ദം ഉണ്ടാവണമെങ്കിൽ ആ കണ്ടെത്തിയ സത്യത്തിന് അതുകൊണ്ടാണ് ശ്രോത്രിയോ അവ്രജിനോ അകാമഹത്തോ യോ ബ്രഹ്മവിത്തമഹ ബ്രഹ്മണി ഉപരത എന്നൊക്കെ പ്രത്യേക പ്രത്യേക ലക്ഷണങ്ങൾ എടുത്തു പറഞ്ഞു കേവലം ബ്രഹ്മത്തിനെ അറിഞ്ഞവനല്ല ബ്രഹ്മത്തിൽ തന്നെ ഇല്ലാതാക്കിയവൻ മാം ജുഹോമി സ്വാഹാ ശ്രുതി പറയണു ഞാൻ എന്നെ തന്നെ ഹോമിക്കുന്നു ആ സത്യത്തിൽ എന്നിൽ എന്നെ തന്നെ ഞാൻ ഹോമിക്കുകയാണ് എന്ന് മഹാനാരായണൻ അങ്ങനെ തന്നിൽ തന്നെ തന്നെ ഹോമിച്ചു കഴിയുമ്പോൾ ഇനി ഒന്നും ബാക്കിയില്ലാതാവുമ്പോൾ വാസനകളൊക്കെ കെട്ടടങ്ങുമ്പോൾ പൂർണ്ണ ശാന്തി ശരീരത്തിലിരിക്കുമ്പോൾ തന്നെ ശാന്തി വാസനാക്ഷയം പരിപൂർണമായ മുക്തിയുടെ സുഖം അനുഭവിച്ച് ആ വ്യക്തി വ്യക്തിയെ അല്ലാതായിട്ട് തീർന്നാൽ ഇനി അയാൾക്ക് മരണത്തിനെ ഭയമില്ല ശരീരമില്ല കാരണം ശരീരമില്ലാത്ത സ്ഥിതി അയാൾക്ക് നേടിയെടുത്താലേ ഗീതയും ഭാഗവതവും വേദാന്തവും ഉപനിഷത്തുകളും ഒക്കെ സാർത്ഥകമാവും അപ്പം സന്യാസം നമുക്ക് പൂർണമായി സന്യാസം എന്നുവെച്ചാൽ അവിടെ സന്യാസ പൂർണ്ണമായി വേദാന്തം പൂർണ്ണമായി അധ്യാത്മ ജീവിതം പൂർണ്ണമായി ഇങ്ങനെ ഒരു ലക്ഷ്യമുണ്ടെന്ന് ഒരാളുടെ ചെവിയിൽ കേൾക്കണമെങ്കിൽ തന്നെ ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ തോന്നിയിട്ടുണ്ടാവും ഇതൊക്കെ ഇപ്പൊ എവിടെ കിടക്കണു നമ്മൾക്കൊക്കെ ഇതൊക്കെ ഇപ്പൊ എന്തിനാ പോകും നമുക്കിതൊക്കെ പറ്റുമോ നാലയുടെ ഉയരം കണ്ടിട്ട് പേടിക്കും വിദ്യാരായണ്യസ്വാമികളോട് അടുത്ത് പറയണ്ട് ഇത് ചെവിയിൽ പോകാൻ തന്നെ ഒരു മുഹൂർത്തം ഉണ്ടാവണം എന്നാണ് ശ്രവണായോ ന ശൃൺവന്തോപി ബഹവോയെന്ന വിദ്യുഹു എന്നുള്ള കാര്യം പിന്നെ ഇപ്പൊ കേൾക്കേണ്ട സ്ഥിതിയിൽ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ ഇത് നിങ്ങൾക്ക് മനസ്സിലായാലും മനസ്സിലായിട്ടില്ലെങ്കിലും അനുഭവത്തിൽ വന്നാലും അനുഭവത്തിൽ വന്നിട്ടില്ലെങ്കിലും ഇതൊക്കെ ഹമ്പക്കാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പോയാലും ഒക്കെ കാര്യം നിങ്ങൾ പെട്ടു കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം ഇനി അതകമയ്ക്ക് കടന്ന് പ്രവർത്തിക്കുക തന്നെ ചെയ്യും മുക്തി ഉണ്ടെന്നുള്ള സന്ദേശം മുമുക്ഷുവോ ഭുമുക്ഷുവോ ആയ ജീവന്റെ ചെവിയിലൂടെ അകമയ്ക്ക് കടക്കുകയും പതുക്ക് പതുക്ക് ഉള്ളിൽ പ്രവർത്തിക്കുകയും ഒരുപക്ഷെ ഈ ജന്മത്തിലോ അല്ലെങ്കിൽ അടുത്ത ജന്മത്തിലോ അവൻ്റെ ഉള്ളിൽ മുമുക്ഷുത്വം ജനിപ്പിക്കുകയും ചെയ്ത് അയാളെ വ്യാകുലപ്പെടുത്തുകയും ചെയ്ത് അയാൾക്ക് അനുഭവം ഉണ്ടാക്കുകയും ചെയ്ത് ഇയാളുടെ ഉള്ളിൽ പ്രവേശിച്ച ആ മുക്തി സന്ദേശത്തിന്റെ ബീജം തന്നെ വ്യക്തിരൂപം കൊണ്ടുവന്ന് ഇയാൾക്ക് മഹാവാക്യ ഉപദേശം കൊടുക്കുകയും ചെയ്യും അവസാനം അത് വിമുക്തമാക്കിയിട്ടേ അതാണ് വാർത്ത എന്നൊക്കെ ഭാഗവതത്തിൽ പറയണത് വാർത്താം സഹേത്തയ തീർത്ത കീർത്തേ ആ വാർത്ത ചെവിയിൽ ആ വാർത്ത വാർത്ത എന്നാണ് അതിന് പേര് തന്നെ നമ്മൾ വാർത്ത എന്ന് പറഞ്ഞാൽ ന്യൂസ് പേപ്പറിലുള്ള വാർത്തയാണല്ലോ ന്യൂസ് പേപ്പറിൽ എന്ത് വാർത്ത അല്ലെ ന്യൂസ് പേപ്പറിൽ വല്ല വാർത്തയുണ്ടോ വാർത്ത എന്നുള്ളത് ബ്രഹ്മവിദ്യയാണ് ജീവന് തികച്ചും അടിമയാണെന്ന് കരുതിയിരിക്കുന്ന ജീവന് സർവതാ എല്ലാവിധത്തിലും സ്വതന്ത്രനാവാൻ കഴിയുമെന്നുള്ള സന്ദേശമാണ് വാർത്ത അതകമേക്ക് ചെല്ലുമ്പോ യഹ് കർണനാടീം പുരുഷസ്യാത ഭവപ്രതാം പതുക്കെ പതുക്കെ പതുക്കെ ചെവിയുടെ ഉള്ളിലേക്ക് ചെന്ന് അന്തരംഗത്തിൽ ചെന്നിട്ട് പ്രവർത്തിക്കും അകമേ ചെന്ന് ഈ ജീവന്റെ അജ്ഞാനത്തിന് തിന്നുകളും അത് ഈ ജീവനെ മുക്തമാക്കിയിട്ടേ വിടുള്ളൂ വൈശാരദീസാതി വിശുദ്ധ ബുദ്ധി ധുനോതിമായാം ഗുണസം പ്രസൂതാം ഏകാദശത്തിൽ ഭഗവാൻ പറയുന്നു ഈ ബുദ്ധിക്ക് ഈ ബ്രഹ്മവിദ്യയ്ക്ക് വൈശാരദീ ബുദ്ധി എന്നുപേര് അതുകൊണ്ടാണ് അംബികയ്ക്ക് ബ്രഹ്മവിദ്യാസ്വരൂപിണിയായിട്ട് വരുമ്പോ ശാരദ എന്ന് പേര് വൈശാരദീ സാധി വിശുദ്ധ ബുദ്ധി ഈ വിശുദ്ധ ബുദ്ധി ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ ധുനോതിമായാം ഗുണസംപ്രസൂതാം സത്വരജസ്തമോ ഗുണങ്ങളാൽ പ്രസൂതമാവുന്ന മായയെ തുടച്ച് നീക്കുമെന്നാണ് ഉള്ളെന്ന് ആ വൈശാരഥീ വിദ്യ അതാണ് ഇവിടെ ഭഗവാനും അർജുനന് പറഞ്ഞു കൊടുക്കുന്നത് അർജുനൻ ചോദിക്കണതും അതാണ് ഭഗവാനെ എങ്ങനെ വിമുക്തനായിട്ട് തീരും ത്രിഗുണങ്ങളിൽ നിന്നും എങ്ങനെ മുക്തനായിട്ട് തീരും ഭഗവാൻ പറഞ്ഞു പ്രകാശം ച പ്രവൃത്തിം ച മോഹമേവ ച പാണ്ഡവ നദ്വേഷി സംപ്രവൃത്താനി നവൃത്താനി കാക്ഷതി ഉദാസീനവദാസീനോ ഗുണൈര്യോ ന വിചാല്യതേ ഗുണാ ഗുണേഷോ അതിഷ്ടേ സമദുഖസുഖസ്ത സമലോഷ്ടാശ്മന തുല്യപ്രിയാപ്രിയോധീര തുല്യനിന്ദാത്മ സംസ്തുതി ഇന്നലെ അവസാനം പറഞ്ഞ ശ്ലോകം ഇതാണ് സമദുഖസുഖസ്വസ്ഥ സുഖമാവട്ടെ ദുഃഖമാവട്ടെ രണ്ടിലും സമം കാരണം എന്താ സുഖത്തിലോ ദുഃഖത്തിലോ രമിക്കുന്നവൻ പ്രകൃതിയിലിരിക്കുകയാണ് ആത്മവിത്തായിട്ടുള്ളവൻ പ്രകൃതിയിലല്ല ഇരിക്കണത് സ്വത്തിലാണ് ഇരിക്കണത് സ്വത്തിലവൻ ഇരിക്കുന്നു ആ സ്വസ്ഥനായിട്ടുള്ളവൻ പ്രകൃതിയിലുള്ള വികാരങ്ങളെ തന്നിൽ ആരോപിക്കണില്ല അതൊക്കെ അവിടെ ഉണ്ട് പക്ഷെ അയാൾ ഇതൊക്കെ എനിക്കാണ് വരണത് എന്ന് ആരോപിക്കണില്ല സമദുഖ സുഖസ്വസ്ഥ സുഖമുണ്ട് ശരി ദുഃഖമുണ്ട് ശരി രണ്ടിനും സാക്ഷിയായിട്ടുള്ള ഉണർവിലാണ് ശ്രദ്ധ ജ്ഞാനിയുടെ അവസ്ഥ രാമകൃഷ്ണ പരമഹംസർക്ക് ക്യാൻസർ വന്നു രമണഭഗവാൻ ക്യാൻസർ സാർക്കോമ വന്നു ഈ വേദനയൊക്കെ വരുമ്പോഴും ശരീരത്തിൽ വേദനയുണ്ട് വിഷമുണ്ട് വാസിഷ്ടത്തിൽ ഒരു ശ്ലോകമുണ്ട് ആദിവ്യാധി പരീത സർവോപദ്രവശത്രുണ് ആദിവ്യാധി സർവോപദ്രവങ്ങളാകുന്ന ശത്രുക്കളൊക്കെ കൊണ്ട് ആത്മാവാകുന്ന ദേവനെ സമാധി കുസുമം കൊണ്ട് അർച്ചിക്കണമെന്നാണ് നമുക്ക് പ്രകൃതിയിൽ ഈ വികാരങ്ങളൊന്നും വിട്ടുപോവില്ല അല്ലെ ഭഗവാനെ നമ്മളെ പുഷ്പം അർച്ചിക്കണം എന്ത് പുഷ്പമാ അർഗ്യം പുഷ്പമൊക്കെ ഉണ്ട് ഇപ്പൊ ലളിതാ സഹസ്നാമം ചൊല്ലി അംബികയെ ഏത് പൂവൊണ്ടാ പൂജിക്കേണ്ടത് വെച്ചാൽ ചൈതന്യ കുസുമ പ്രിയ ചൈതന്യാർഘ്യസമാരാധ്യ ചൈതന്യ കുസുമ എന്താ വെള്ളി കൊണ്ടോ കൊണ്ടോ ഒരു പൂ അതിൽ ചൈതന്യം എന്ന് എഴുതിയാ മതിയാവും ചൈതന്യ കുസുമം എന്ന് പറയുന്നത് ഓരോ ക്ഷണത്തിലും ചിത്തവൃത്തിയില്ലാതെ ബോധസ്ഫൂർത്തി ഉണ്ടായാൽ ഒരു കുസുമം അംബികയ്ക്ക് അർപ്പിച്ചു കഴിഞ്ഞു മനമലർ കൊയ്തും മഹേഷ പൂജ ചെയ്യും മനുഷനു മറ്റൊരു വേല ചെയ്തിടേണ്ടാണ് ചൈതന്യകുസ്മതാണ് മനമലർ കൊയ്തും മഹേഷ പൂജ ചെയ്യും അകമയ്ക്ക് ചിത്തവൃത്തികൾക്ക് ഓരോ ചിത്തവൃത്തികൾക്കും ഇടയിലുള്ള നിശ്ചലതയെ പ്രതിബോധവിദിത്തം മതം അമൃതത്വം ഹിവിന്ദത്തെ ബോധം ബോധം പ്രതിവിദിത്തം Oru kshanathilum, moment by moment, you are aware of the awareness. Haa bodhathne bodhaspurthi vandayal chaitanya kusumum arpichakanyam. ബോധസ്ഫൂർത്തി ഉണ്ടായാൽ ചൈതന്യാർഗ്യം അർപ്പിച്ചു കഴിഞ്ഞു ആ ബോധസ്ഫൂർത്തിമയനായിട്ട് നിത്യസ്ഫൂർത്തിമയനായിട്ട് അവൻ ഇരിക്കുന്നു അവന് ബാഹ്യമായ അർഗ്യമോ ബാഹ്യമായ അർച്ചനയോ പൂജയോ ഒന്നും ആവശ്യമില്ല ആവശ്യമില്ല എന്നല്ല ചെയ്യാൻ പറ്റില്ല വിട്ടുപോകും അയാളെ അപ്പൊ ആ ചൈതന്യ സ്ഫൂർത്തി ആരവിടെ ഇരിക്കുന്നുവോ അവന് പ്രകൃതി സംബന്ധം വിട്ടുപോയിരിക്കുന്നു ശ്ചര്യമായ സ്ഥിതിയാണ് പശുവിന്റെ കഴുത്തിൽ ഇട്ടുകൊടുത്ത മാല പോലെ അയാളിൽ ശരീരം നിൽക്കുകയും കുറെ കഴിഞ്ഞ വീണുപോവുകയും ചെയ്യും പശുവിനെ പൂജിച്ചിട്ട് ഗോപൂജയൊക്കെ ചെയ്ത് കഴുത്തിൽ ഒരു മാലയിട്ട് കൊടുക്കും അല്ലെ ആ മാലയും കൊണ്ട് പശു കുറെ ദിവസം നടക്കും ഓരോ പൂവായി ഉതിർന്നു വീഴുമ്പോൾ പശുവിന് വല്ലതും അറിയുമോ മാല മുഴുവൻ പൊട്ടി വീണാലും പശുവിനറിയില്ല അതേപോലെ ഈ ചൈതന്യത്തിൽ ശ്രദ്ധ പതിഞ്ഞിട്ടുള്ള ജ്ഞാനനിഷ്ഠന് ശരീരം എങ്ങനെ കൊണ്ടു നടക്കും ഭാഗവതം പറയണത് ദേഹം ച നശ്വരം അവസ്ഥിതം ഉത്ഥിതം വാ സിദ്ധോ നശ്യത്തിയ അധ്യഗമത് സ്വരൂപം ദൈവാദേതം ഉത്ത ദൈവവശാത് ഉപേതം വാസോ യഥാ പരികൃതം മതിരാമദാന്ത കള്ളു കുടിച്ചവന് ഉടുതണി വഴിയിൽ എവിടെങ്കിലും അഴിഞ്ഞു വീണാ അറിയില്ല അതാണ് ഉദാഹരണം പറയണത് മതിരാമദാന്ത മതിര കുടിച്ച് മതിച്ചു കിടക്കുന്ന ആൾക്ക് വസ്ത്രമഴിഞ്ഞു വീണാൽ അറിയാത്തതുപോലെ സ്വരൂപത്തിൽ ലഗ്നനായ ജ്ഞാനനിഷ്ഠന് ശരീരം നിൽക്കുന്നുണ്ടോ വീണുപോയോ എന്നുപോലും അയാൾക്ക് അറിയണില്ല എപ്പോഴാണ് ഭഗവാൻ പല സമയത്തും ചോദിച്ചു എവിടെയാഹം ഞങ്ങൾ കാണുന്നുവല്ലോ ഭഗവാന്റെ ദേഹത്തിൽ വിഷമമുണ്ടല്ലോ അതാ പരേച്ഛാ പ്രാരബ്ധമാണെന്നുള്ളൂ ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് അപ്രാപ്യമാണെന്ന് തോന്നും പക്ഷെ വാസ്തവത്തിൽ ഇത് വളരെ സുലഭമാണ് നമുക്ക് കർമ്മപരിഭാഗം വന്നിട്ടുണ്ടെങ്കിൽ സുലഭമാണ് എന്താന്ന് വെച്ചാൽ നമ്മളൊക്കെ ഏകദേശം ആ സ്ഥിതിയിൽ തന്നെയാണ് ഇരിക്കണതെങ്കിലും ആ സ്ഥിതി അറിയണില്ല ഒരു സ്ഥിതിയാണ് നമുക്ക് അധികവും നമ്മുടെ ദേഹബോധം ദേഹം ഇങ്ങനെ ജീവിക്കുകയാണ് ലോകത്തിലെ ദേഹ അഭിമാനമാണോ ഉള്ളത് അഭിമാനമാണ് ദുഃഖകാരം സാധാരണ ആളുകൾ പോലും ചിലരൊക്കെ അപൂർവമായും ദേഹത്തിന് മറന്നു കളയുന്നുണ്ട് പലപ്പോഴുവായിട്ടും കോൺഷ്യസായിട്ടും ബോധപൂർവം ശ്രദ്ധയെ ദേഹത്തൊന്നും മനസ്സൊന്നും തിരിച്ച് സ്വസ്ഥനാവുക സ്വത്തിൽ ഇരുത്തുക അങ്ങനെ ഇരുത്തിയാൽ തുല്യപ്രിയാപ്രിയോധീര പ്രിയമായ എന്തെങ്കിലും നടന്നാലും തുല്യം അപ്രിയമായ എന്തെങ്കിലും അത് ചിന്തയെ ഉപയോഗിച്ചിട്ടല്ല അയാൾ അതിനെ ശ്രദ്ധിക്കണേയില്ല തുല്യപ്രിയാപ്രിയോധിര തുല്യനിന്ദ ആത്മ സംസ്തുതി അയാളെ ആരെങ്കിലുമൊക്കെ സ്തുതിച്ചാലും അയാൾക്കൊന്നുമില്ല നിന്ദിച്ചാലും അയാൾക്കൊന്നുമില്ല സ്തുതിക്കുന്നതും ഈ അഹങ്കാരത്തിനെയാണ് നിന്ദിക്കുന്നതും അഹങ്കാരത്തിനെയാണ് നമ്മളുടെ റിയൽ പേഴ്സണാലിറ്റി ആർക്കും സ്തുതിക്കാനും പറ്റില്ല നിന്ദിക്കാനും പറ്റില്ല നമ്മുടെ സ്വരൂപത്തിനെ ആർക്കും ഒന്നും ചൊല്ലാൻ പറ്റില്ല എന്ത് ചൊല്ലിയാലും ഈ അഹങ്കാരത്തിനെ കുറിച്ചേ വലതും അഭിപ്രായം പറയാൻ പറ്റുള്ളൂ നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് പറയണതും അങ്ങനെയാണ് അതുകൊണ്ടാണ് ഭാഗവിതത്തിൽ ഭഗവാൻ പറഞ്ഞത് ഏകാദശത്തിൽ ഉദ്ധവരോട് പറഞ്ഞു മറ്റുള്ളവനെ കുറിച്ച് മിണ്ടരുത് ഉദ്ധവാ നല്ലതും പറയരുത് ഈ ചീത്തയും പറയരുത് വളരെ വിഷമം പിടിച്ചതാ നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് പറയണമല്ലോ ഞാൻ പലപ്പോഴും ആലോ ഈ ശ്ലോകം വളരെ വളരെ വിചാരം ചെയ്ത് നോക്കും മറന്നു മറന്നു പോകും അറിയാതെ വളുകൾ വഴികൾ എന്ന് ആരെങ്കിലുമൊക്കെ കുറിച്ച് പറയും പരസ്വഭാവി ന പ്രശംസേത് ന ഗർയേത് ആരെങ്കിലും സ്തുക്കുക നിന്ദിക്കുക രണ്ടും ചെയ്യരുതെന്നാണ് വിശ്വമേകാത്മകം പശ്യൻ പ്രകൃത്യാ പുരുഷേണച്ച് പ്രകൃതി പുരുഷൻ എന്നുള്ള ഭേദം പോലും വിട്ട് ഒരേ ആത്മസ്വരൂപമായി വിശ്വത്തിനെ കാണൂ പരസ്വഭാവകർമാണി പ്രശംസ തീ ആര് പരനെപ്പറ്റി സ്തുതിക്കുകയും നിന്ദിക്കുകയൊക്കെ ചെയ്യുന്നു ആദ്യം ഞാൻ എന്നുള്ളത് അംഗീകരിച്ചിട്ടേ മറ്റുള്ളവനൊന്നു പറയാൻ പറ്റുള്ളൂ ഞാൻ എന്നുള്ള വ്യക്തിബോധം അഹങ്കാരത്തിൽ നിന്നുകൊണ്ട് മറ്റുള്ളവന്റെ അഹങ്കാരത്തിനെയാണ് ഞാൻ സ്തുതിക്കുകയോ നിന്ദിക്കുകയോ ചെയ്യുന്നത് അതുകൊണ്ട് പരനെപ്പറ്റി സ്തുതിനിന്ദകൾ ചെയ്യുന്നവൻ ഭ്രഷ്യത്തെ സ്വാർത്ഥാത് സ്വാർത്ഥത്തിൽ നിന്നും സത്യത്തിൽ നിന്നും ഭ്രംശിച്ചു പോവുകയും വീണു പോകും എന്തുകൊണ്ട് അസതി അഭിനിവേശത അവന് അസത്തിൽ അഭിനിവേശം ഉണ്ടാവുകയാണ് ഇല്ലാത്ത വസ്തുവിൽ അഭിനിവേശം ഉണ്ടാവുകയാണ് ആ അഭിനിവേശം ആണ് കള്ളം അതാണ് വിഷമം അപ്പൊ നമ്മളുടെ വ്യക്തിത്വത്തിനോടുള്ള ഭ്രമവും നമുക്ക് പോകണം മുഖ്യമായി പോകേണ്ടത് ആ ഭ്രമം പോയാൽ തന്നെ മറ്റുള്ളവരുടെ വ്യക്തിത്വത്തിനോടുള്ള ഭ്രമവും നമുക്ക് പോയി സൂക്ഷ്മമാണ് വിചാരം ചെയ്ത് സാധിക്കണം ഇതാണ് തപസ് എന്ന് പറയുന്നത് അല്ലാതെ എന്തെങ്കിലും സിദ്ധി ഉണ്ടാക്കലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രകാശം ഉണ്ടാവലോ ഒന്നുമല്ല ദുഃഖ സൂക്ഷ്മമായി ഏകാന്തത്തിലിരുന്ന് വിചാരം ചെയ്ത് നമ്മളുടെ വ്യക്തിത്വത്തിനോടുള്ള ഭ്രമവും മറ്റുള്ളവരുടെ വ്യക്തിത്വത്തിനോടുള്ള ഭ്രമവും ഒക്കെ നീക്കി മനസ്സിലുള്ള വാസനാപ്രവാഹവും ഒക്കെ കുറച്ച് ശാന്തിയിലിരിക്കണം ആ ശാന്തിക്കാണ് തുല്യപ്രിയ പ്രിധിരനിന് ആത്മസംസ്തുതി ആരെങ്കിലും സ്തുതിച്ചാലും നിന്ദിച്ചാലും ഒക്കെ തുല്യം അടുത്ത ശ്ലോകം നോക്കൂ മാത്രാരിപക്ഷ സർവാരംഭപരിത്യാഗീ ഗുണാതീത ഗുണാതീതൻ ജീവൻ മുക്തൻ സ്ഥിതപ്രജ്ഞൻ ഉത്തമഭക്തൻ യോഗി എന്നൊക്കെ പറയണത് ഒരേ ആളെയാണ് ഗുണാതീതൻ ആരാണ് മാന അപമാനയോ തുല്യ സമഹ നിർവികാര ആരെങ്കിലും സ്തുതിച്ചാലും നിന്ദിച്ചാലും മാനത്തിലും അപമാനത്തിലും ഒക്കെ തുല്യം തന്റെ പേഴ്സണാലിറ്റിയല്ല അമാനിത്വം എന്ന് ജ്ഞാനലക്ഷണം പറഞ്ഞപ്പോൾ കഴിഞ്ഞ അധ്യായത്തിൽ ആദ്യമേ പറഞ്ഞത് അമാനിത്വം തനിക്ക് പേഴ്സണാലിറ്റിയില്ല അത് അത്ര എളുപ്പത്തിൽ വരില്ല രമണഭഗവാന്റെ ജീവിതത്തിൽ ഒരു കഥ മലയാളത്തിൽ ഇപ്പോൾ മലയാളത്തില് നമ്മൾ എഴുതിയൊരു പുസ്തകം ആത്മസാക്ഷാത്കാരമുണ്ടല്ലോ അതിപ്പോൾ ഈയിടെയായിട്ടാണ് മഹർഷിയുടെ ജീവചരിത്രമായിട്ട് വന്നത് ആദ്യമായി ഒരാൾ മഹർഷിയുടെ ഒരു ജീവചരിത്രം ചെറുതായിട്ടൊരു പുസ്തകം എഴുതി രമണ ഭഗവാൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് എന്തൊക്കെയോ എഴുതി ഇപ്പൊ ആളുകൾക്ക് ഇപ്പൊ കഥ എഴുതാനൊന്നും ഒരു പ്രശ്നവുമില്ല ഭാവന വായു തോന്നിയതും മനസ്സ് തോന്നിയതും ഒക്കെ എഴുതുവരും എന്തൊക്കെയോ എഴുതി മഹർഷിയെ കുറിച്ച് മഹർഷി വിവാഹിതനായിരുന്നു എന്നും നാലു കുട്ടികൾ ഉണ്ടായിരുന്നുവെന്നും ഒരു ദിവസം അരുണാചലം എന്ന് തോന്നിയെന്നും അപ്പൊ അരുണാചലേശ്വരൻ ദർശനം കൊടുത്തുവെന്നും അപ്പൊ അവിടെ നിന്ന് അങ്ങനെ മറഞ്ഞുവെന്നും തിരുവണ്ണാമലയിൽ പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെ കഥ അദ്ദേഹം ഗൃഹസ്ഥ ഇങ്ങനെയൊക്കെ കഥ എഴുതിയിട്ട് അത് പ്രിന്റ് പ്രൂഫും കഴിഞ്ഞു ഫസ്റ്റ് പ്രൂഫും ഒക്കെ കഴിഞ്ഞിട്ട് ആ പുസ്തകം കുഞ്ചുസ്വാമിയുടെ കയ്യിൽ കിട്ടി കുഞ്ചുസ്വാമി നോക്കിയിട്ട് അയ്യയ്യോ അത് ആദ്യം ഭഗവാന്റെ അടുത്ത് കൊണ്ടു കൊടുത്തു തമാശ മഹർഷിയുടെ കയ്യിൽ തന്നെ കൊണ്ടു കൊടുത്ത് മഹർഷി അത് മുഴുവൻ വായിച്ചിട്ട് അദ്ദേഹം ആകെ പാടെ കണ്ട ഒരേ ഒരു തെറ്റ് ഗൃഹസ്ഥൻ എന്ന സ്പെല്ലിങ്ങിന് പകരം ഗൃഹസ്ഥൻ എന്ന് സാധാരണ താഴെ ഇട്ടിരിക്കണം അതൊക്കെ വെട്ടി തിരുത്തിയിട്ട് പ്രൂഫ് ഒക്കെ കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ട് പ്രിന്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞു കൊടുത്തു തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് വല്ലതല്ലേ തന്നെയാണ് നോക്ക് നമ്മളെയൊക്കെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ എഴുതിയാൽ നമുക്ക് അപ്പൊ തോന്നില്ലേ പെർസണാലിറ്റി നമുക്കുണ്ട് എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ നമുക്ക് അപ്പൊ പ്രിക്കുണ്ടാവോ അവിടെ ഇത് അദ്ദേഹം ഗൃഹസ്ഥനായിരുന്നു ഒന്നും നാലു കുട്ടികളുണ്ടായിരുന്നു എന്തൊക്കെയോ എഴുതിയിരിക്കണു അത് നിന്ദിക്കാൻ വേണ്ടി എഴുതിയതല്ല ഇയാൾക്ക് ആര് പറഞ്ഞു കൊടുത്തുവോ എവിടുന്ന് ഭാവനയുണ്ടായോ ഭാവനയ്ക്കൊന്നും വിഷമയില്ലേ എനിക്ക് തന്നെ അത് തമാശ തോന്നും എന്നെ തന്നെ ഒരാള് പ്രസംഗിച്ചു ഡൽഹിയില് എന്റെ ജീവിതത്തിൽ എനിക്കേ അറിയാത്ത ഒരുപാട് സംഭവങ്ങൾ അദ്ദേഹം പറഞ്ഞു എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് പബ്ലിക്കില് അത് കഴിഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു എനിക്കിന്തിരി എഴുതിത്തൊരു വാര്യം ചോദിച്ചാൽ കൊടുക്കാം അന്ന് പറഞ്ഞിട്ടാ തമാശ എന്താന്ന് വെച്ചാൽ അന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞിട്ട് അയാള് അതേ ആള് ഈയിടെ ആയിട്ട് അതേ കാര്യം പിന്നെയും ചെയ്തു അദ്ദേഹം ദൃഢമായി വിശ്വസിച്ചിരിക്കുകയാണ് അതൊക്കെയാണ് എന്റെ ജീവിതത്തിൽ നടന്നതെന്ന് ഞാൻ അങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സമ്മതിക്കണില്ലേ അങ്ങനെയാണ് ആളുകളുടെ ഭാവന അപ്പൊ ഭഗവാനെ കുറിച്ച് ഇങ്ങനെ കഥ എഴുതിയപ്പോ ഭഗവാൻ അതിൽ ഗൃഹസ്ഥനൊക്കെ തിരുത്തി കൊടുത്തു കുഞ്ചുസ്വാമി അപ്പോ ഭഗവാൻ എടുത്ത് പറഞ്ഞോ അയ്യോ ഭഗവാനെ ഇതൊക്കെ പൊയ്യ പൊയ്യാ എഴുതിയിരിക്കളെ ഭഗവാനെ ഓ ഇത് പൊയ്യോ ഇത് കള്ളമായിട്ടുള്ളൂ ബാക്കിയൊക്കെ സത്യമാണോ അയാൾക്ക് അറിഞ്ഞത് അയാൾ എഴുതിയിരിക്കണു നിനക്കെന്താ അറിഞ്ഞതെന്ന് വെച്ചാ നീ എഴുത അപ്പൊ പേഴ്സണാലിറ്റി ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല ഇംപേഴ്സണലായിരുന്നാൽ ഉനക്കൂർ കേടുമില്ല എന്ന് പറഞ്ഞത് അതാണ് അതായത് ആർക്കും നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റില്ല ലോകത്തിൽ ആർക്കെങ്കിലും നമ്മളെ സ്തുതിക്കാനോ നിന്ദിക്കാനോ ചീത്ത പറയാനോ ആരാധിക്കാനോ ബഹുമാനിക്കാനോ നമ്മളോട് സംബന്ധപ്പെടാനോ ഒക്കെ പറ്റണത് നമ്മളല്ലാത്തതായി കുട്ടിച്ചാത്താനെ നമ്മളുടെ വേഷം കെട്ടിയിട്ട് ഹൃദയത്തിൽ നിർത്തിയതാണ് അയാള് ഞാനല്ലെന്നും അയാളെ അംഗീകരിക്കാതെ പുറകെയുള്ള യഥാർത്ഥ സത്തിൽ പോയാൽ അസത്തിനെ ഉപേക്ഷിച്ചാൽ അവന് മാനം അപമാനം രണ്ടും തുല്യം തുല്യോ മിത്രാരിപക്ഷയോഹോ സുഹൃത്തും ശത്രുവും ഒക്കെ തുല്യം അയാൾക്കാരും സുഹൃത്തു ഇല്ല ശത്രുവുമില്ല ചിലർ അദ്ദേഹത്തിനെ സുഹൃത്തായി കരുതും ചിലർ അദ്ദേഹത്തിനെ ശത്രുവായിട്ട് കരുതും രണ്ടുപേരോടും അയാൾക്ക് തുല്യമാണ് രണ്ടിലും ഒരേ ആത്മാവിനെയാണ് കാണുന്നത് വിവേകാനന്ദ സ്വാമികൾ രാമതീർത്തനൊക്കെ ഒരു കഥ പറയും ഋഷികേശില് ഈ ശിപ്പായിരഹള നടക്കുന്ന സമയത്ത് ഒരു സന്യാസിയെ ഒരാൾ കത്തിക്കൊണ്ട് കുത്തി അദ്ദേഹം അവിടെ മൂർത്തിച്ചു വരും അപ്പോ അവിടുത്തെ സന്യാസി മഠത്തിലുള്ള സ്വാമിമാരൊക്കെ കൊണ്ട് അദ്ദേഹത്തിനെ കൊണ്ടുപോയി ശുശ്രൂഷിക്കുകയും മറ്റുമൊക്കെ ചെയ്തിട്ട് ഇത്തിരി ബോധം തെളിഞ്ഞപ്പോ അതിലൊരു സന്യാസി ചോദിച്ചു എന്നെ മനസ്സിലായോ ആരാണെന്ന് മനസ്സിലായോ അപ്പൊ യാതൊരു സംശയവും കൂടാതെ ആ മഹാത്മാവ് പറഞ്ഞു ഏത് ഭഗവാനാണോ എന്നെ കത്തിക്കൊണ്ട് കുത്തിയത് അതേ ഭഗവാനാണിപ്പോ ഇവിടെ അടുത്തിരുന്നു ശുശ്രൂഷിക്കുന്നത് ഒരേ ആളാണ് സകലതും എന്നുള്ള സ്ഥിതിയിലിരിക്കുന്ന ആൾക്ക് മിത്രവുമില്ല ശത്രുവുമില്ല തുല്യോ മിത്രാരിപക്ഷാഷ്ടർമാണി ആരഭ്യ സർവാൻ ആരംഭാൻ പരിത്യം ശീലം അസംഭപരിത്യാഗിഹാരണമാത്രനിതിരെകേണ സർക്കുമ പരിത്യാഗി ജീവൻ മുക്തനെ കുറിച്ച് ആചാര്യസ്വാമികളുടെ ഭാഷ്യമാണ് ദേഹധാരണത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യണമോ ജീവിക്കാൻ വേണ്ടി മാത്രം എന്തൊക്കെ പ്രവൃത്തി ചെയ്യണമോ ആ പ്രവൃത്തി ഒഴിച്ചുള്ള പ്രവൃത്തികളൊക്കെ തന്നെ ബന്ധകാരണമാണെന്ന് കണ്ടിട്ട് അതിലൊന്നും പോയി വീഴുന്നില്ല ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് ജീവിതത്തിൽ സ്വീകരിക്കാവുന്ന വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാത്ത പോയിന്റേഴ്സാണ് ദേഹധാരണ മാത്രം തന്റെ സ്വാർത്ഥതയ്ക്ക് ദേഹധാരണ മാത്രമുള്ള പ്രവൃത്തികൾ ഊണ് ഉറങ്ങുക ജീവിക്കുക അതിനെക്കുറച്ച് നീട്ടിയാലും ഒരു കുടുംബമുള്ളവനെ വീട് അത്രയൊക്കെ മതി അതിൽ കൂടുതൽ അഭിമാനത്തിന് വേണ്ടിയോ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയോ പ്രവൃത്തികളിൽ ചെന്ന് വീഴാതിരുന്നാൽ തന്നെ ഇവന് ശാന്തി ഉണ്ടാവും സ്വാർത്ഥതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാം പ്രവൃത്തിയെ ഭഗവാൻ നിന്ദിച്ചില്ല നനക്ക് വേണ്ടി നൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ചെയ്യാതിരിക്കൂ അല്ലാതെ നീ എതിർച്ചയാ വരുന്ന പ്രവൃത്തിയെ ഭഗവതാരാധനയായിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ നീ ബന്ധപ്പെടൊന്നുമില്ല ആരംഭമൊക്കെ തന്നെ ഇവിടെ അഹങ്കാരമണ്ഡലത്തിൽ നിന്നുകൊണ്ട് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി ആരംഭിച്ചാൽ കിട്ടിയില്ലെങ്കിൽ ദുഃഖമുണ്ടാവും ബന്ധകാരണമായിട്ട് തീരും അതുകൊണ്ട് സർവാരംഭപരിത്യാഗി ഗുണാതീത ഉച്ച അതൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും ഒരധ്യായം അവസാനിക്കുമ്പോൾ അടുത്ത അധ്യായത്തിന് ഒരു സൂചന വയ്ക്കും അവിടെ എല്ലാം പറഞ്ഞിട്ട് പറയുന്നു ഇങ്ങനെയൊക്കെ ഗുണാതീതന്മാരായിട്ടുള്ള ആളുകളിലും ഏറ്റവും ഉയർന്നവൻ ആരാണ് എന്നുവെച്ചാൽ ആരാണ് പൂർണ്ണ ബ്രഹ്മാനുഭവത്തിന് സമ്പന്നനാവുന്നത് അതാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയണത് നോക്കാം േണ ഭക്തിയോ സഗുണീൽ മാം ച ഈശ്വരം നാരായണം സർവൂതഹൃദയാശ്രിതം യാ യതി കർമ്മ അവ്യചാരേണ നക്തിയോന ഭജനം ഭക്തിയോഗ്രോക്ഷാൽ ഈ ഗുണാതീതനിൽ ഗുണാതീതസ്ഥിതിയെ ആരു പ്രാപിക്കുമെന്ന് വെച്ചാൽ ഭഗവാൻ പറയുന്നു വ്യഭിചാരം എന്നുവെച്ചാൽ അനേക വസ്തുക്കളിൽ മനസ്സ് പോകുന്നതിന് പേരാണ് വ്യഭിചാരം അവ്യഭിചാരം എന്ന് വെച്ചാൽ ഒരിടത്തും മനസ്സ് ചലിക്കാതെ പുറമേക്ക് മനസ്സ് പോകാതെ ആത്മനിഷ്ഠമായിട്ടിരിക്കുന്നതിനാണ് അവ്യഭിചാരം എന്നു പേര് അതുകൊണ്ടാണ് ഭാഗവതത്തിൽ ഇരുപത്തിനാല് ഗുരുക്കന്മാരെ പറയുന്നതിൽ ഒരു ഗുരു പിങ്കള എന്ന് പറയുന്ന വ്യഭിചാരിണിയാണ് അവൾ വ്യഭിചാരിണിയായിരുന്നു എപ്പോ പുറമേ വരുന്ന ആളുകളുമായിട്ടൊക്കെ സമ്പർക്കം വെച്ചുകൊണ്ടിരുന്നപ്പോൾ അവൾ വ്യഭിചാരിണിയായി പിങ്കള എന്ന് പറയുന്നത് ഒരു സ്ത്രീയല്ല നമ്മളൊക്കെ തന്നെയാണ് നമ്മൾ ചെയ്യുന്ന പണി അതാണെന്നാണ് ശ്രീശുഖബ്രഹ്മ മഹർഷി പറയണത് പുറമേ വരുന്ന വസ്തുക്കളോടൊക്കെ അനിത്യവസ്തുക്കളോടൊക്കെ സംബന്ധം അതൊക്കെ വിട്ടുപോവുകയും ചെയ്യുന്നു അതാണ് പിങ്കളെ പറയണത് വിദേഹാനാം പുരേഹ്യസ്മിൻ അഹമേകൈവ മൂഢധീഹി ഞാനൊരു മൂടബുദ്ധി പുറമേക്കൊക്കെ ഭ്രമിച്ചുകൊണ്ട് നടന്നുവല്ലോ ഇത്രയും കാലം വിഗർഹ്യവാർത്തയാ ഇത്രയും കാലം നഷ്ടപ്പെട്ടു പോയി എന്റെ ജീവിതം ഇനി ഞാൻ പുറമേക്ക് ചലിക്കില്ല ഞാൻ നിത്യവസ്തുവിനെ കണ്ടിരിക്കുന്നു ഇനി ഞാൻ വ്യഭചരിക്കില്ല സന്തം സമീപേ രമണം പ്രദം വിത്തപ്രദം നിത്യമിമം വികാ വിഹായ അകാമദം ദുഃഖ ഭയാധിശോകമോഹപ്രദം തുമഹം ഭജ ഞാനൊരു അജ്ഞ അജ്ഞാനിയായ ഞാൻ പുറമെയുള്ള വസ്തുക്കളെയൊക്കെ ഭജിച്ചു ഇനി സന്തം സമീപ ഏറ്റവും അടുത്തിരിക്കുന്നവനും നിത്യപ്രിയനുമായ ഭഗവാനെ ഞാൻ ഭജിക്കും ഇത്രയും ഞാൻ വ്യഭിചാരിണിയായിരുന്നു ഇത്രയും കാലം ഇപ്പോൾ ഞാൻ മഹാലക്ഷ്മിക്ക് തുല്യയാണെന്ന് അവൾ പറയുന്നു എന്താ മഹാലക്ഷ്മിക്കും ഈ വ്യഭിചാരിണിക്കും വ്യത്യാസം മഹാലക്ഷ്മി ഭഗവാനെ വിട്ടു പിരിയുന്നില്ല വ്യഭിചാരിണി സദാ ഒരു വസ്തു ആത്മാവിനെ വിട്ട് പിരിഞ്ഞുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് രമേ അനേന യഥാരമാ ഞാൻ എന്നെ തന്നെ ഭഗവാൻ തം വിക്രീ ആത്മനൈവാഹം രമേ അനേന യഥാരമാ എങ്ങനെ രമാദേവി ഭഗവാനെ വിട്ട് പിരിയാതിരിക്കുന്നു അതുപോലെ ആത്മാവായ രാമനെ വിട്ട് പിരിയാതെ ആത്മാവായ ഭഗവാനെ വിട്ടു പിരിയാതെ ഞാൻ നിത്യനിരന്തരം ആത്മാവിൽ ലഭിക്കുമെന്ന് പറഞ്ഞ് പിങ്കള വ്രതമെടുത്തപ്പോ അവൾ അവ്യഭിചാരിണിയായിട്ട് തീർന്നു അപ്പോ ഇനി എന്ത് വസ്തുവിനോടും പ്രിയം വയ്ക്കാം ഒരു കൊച്ചുകുട്ടിയെ എടുത്ത് ലാളിക്കാം പ്രിയമുണ്ടാവുന്നു പക്ഷെ എന്തുവേണം അവ്യഭിചാരിണിയായിരിക്കണമെങ്കിൽ എന്തുവേണം ഷാണ്ടില്യൻ പറയുന്നു ഇതിനാണ് ഷാണ്ടില്യ വിദ്യ എന്ന് പറയുക നാരദ മഹർഷിയും ഭക്തിസൂത്രത്തിൽ പറയുന്നു ആത്മരതി അവിരോധേനയാ പ്രീതിഹി ഒരു കൊച്ചുകുട്ടിയെടുത്തിൽ ആളിക്കുന്നു നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സുഹൃത്തിനെ കാണുമ്പോൾ പ്രിയത്തോടുകൂടെ സംസാരിക്കുന്നു പക്ഷേ ഷാണ്ടില്യ വിദ്യ അറിയുന്ന ഒരു കാര്യം മനസ്സിലാക്കുന്നു കുട്ടിയിലല്ല പ്രിയം ആ കുട്ടിയെ ഒരു കാരണമായി വെച്ചുകൊണ്ട് ആത്മാവിന്റെ സ്വഭാവമായ പ്രിയമെന്ന രസം ഉള്ളിൽ വരികയാണ് അതുകൊണ്ട് കുട്ടി ഒരു കാരണവും കുട്ടിയെ ഒരു കണ്ണാടിയായി വെച്ചുകൊണ്ട് ആത്മാവിൽ പ്രിയം ആവിർഭവിക്കുന്നു ഭർത്താവിനെ ഒരു കണ്ണാടിയായി വെച്ചുകൊണ്ട് ആത്മാവിൽ പ്രിയം ആവിർഭവിക്കുന്നു ഭാര്യയെ ഒരു കണ്ണാടിയായി വെച്ചുകൊണ്ട് ആത്മാവിലുള്ള പ്രിയം ആവിർഭവിക്കുന്നു പുറമേ ഉള്ള വസ്തുക്കൾ ആത്മാവിലുള്ള പ്രിയത്തിനെ പൊന്തിച്ചു കൊണ്ടുവരികയാണ് ആ വസ്തുക്കളെ ആശ്രയിക്കാതെ തന്നെ ഈ പ്രിയത്തിനെ അനുഭവിക്കാൻ കഴിയും ആ വസ്തുക്കളൊക്കെ തൽക്കാലത്തിനുള്ള കാരണങ്ങൾ മാത്രമാണ് അവർ പോയാലും ഈ പ്രിയം നഷ്ടമാവില്ലെന്നും ഈ പ്രിയം നിത്യമാണെന്നും അറിഞ്ഞു കഴിഞ്ഞവൻ നിത്യപ്രിയേ ത്വീ പതിസുതാതിപിഹി ആർത്തി പറയുന്നു ഭഗവാനെ നിത്യപ്രിയനായ അങ്ങയെ ഞങ്ങൾ ഇവിടെ കണ്ടിരിക്കുമ്പോ പതി സുതാദിബിഹി ആർത്തിതൈഹിക്കും പുറമേ ഉള്ള വ്യക്തികളൊക്കെ തന്നെ ഇന്നുണ്ടാവും നാളെ ഉണ്ടാവില്ല അവരെ കാരണമാണ് ഈ പ്രിയം വരുന്നതെന്ന് തെറ്റിദ്ധരിച്ചാൽ അവരൊക്കെ പോകുമ്പോ ഈ പ്രിയം നഷ്ടമായി പോകും വ്യഭിചാരിണിയായിട്ട് തീരും അതുകൊണ്ട് പ്രിയം എന്ന് പറയണത് ആത്മാവിന്റെ സ്വരൂപമാണ് അൻപും ശിവമും ഇരണ്ടെൻപാറു ഒരു സിദ്ധൻപാടി അൻപ് ശിവത്തിൽ നിന്നും മാറി നിൽക്കുന്നതല്ല അൻപ് ശിവത്തിൽ നിന്നും മാറി നിൽക്കുന്നതാണെന്ന് കരുതുന്നവൻ മടയനാണ് കാരണം അവൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരാൾ വരുമ്പോഴാണ് എനിക്ക് അൻപുണ്ടാവുന്നതെങ്കിൽ അയാളിൽ നിന്നാണ് അൻപ് കിട്ടുന്നതെന്ന് ധരിച്ച് അൻപിനെ സ്വന്തമാക്കാൻ വേണ്ടി ആ വ്യക്തിയെ എൻ്റേതാക്കാനായിട്ട് ഞാൻ ശ്രമിക്കും അൻപ് ആത്മാവിൻ്റെ സ്വരൂപമാണ് അൻപിനെ സ്വന്തമാക്കരുത് നമ്മൾ അൻപിന് സ്വന്തമായി കഴിയണം നമ്മളെ അൻപിൽ അർപ്പിക്കണമെന്നല്ലാതെ അൻപിനെ നമ്മളുടേതാക്കരുത് അൻപേ ശിവമായി അമർന്നിരുന്നാരെ അൻപ് തന്നെ പരമേശ്വര സ്വരൂപമാണെന്ന് അരി പ്രിയമെന്നുള്ളത് ഭഗവത് സ്വരൂപമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിത്യപ്രിയമുണ്ടാവും നിത്യപ്രിയമുണ്ടായി കഴിഞ്ഞാൽ പിന്നെ പുറമേയുള്ള വസ്തുക്കൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്തൊക്കെ ആവിർഭവിച്ചാലും തിരോഭവിച്ചാലും നമുക്ക് നല്ലവണ്ണം അറിയാം ഇത് വെറും മായയുടെ കൂത്താണ് ഇതിൽ പെട്ടുപോകരുത് ഇത് അകമുഖമായിട്ടുള്ള ആളുകൾക്കേ അറിയുള്ളൂ അതാണ് ഷാണ്ടില്യ വിദ്യ എന്നും പറയണത് ആത്മൗപത്യ ശതകത്തിലൊരിടത്തും ഒരു ശ്ലോകം പറയുന്നു അത് നല്ലവണ്ണം ചിന്തിക്കുന്ന ആളുകൾക്കേ അത് പിടികിട്ടുകയുള്ളൂ അകമുഖമായി അറിഞ്ഞിടായി മായയാം വൻ പക ഭ്രമമേകിയിടുന്നു എന്നാണ് നല്ലവണ്ണം ശ്രദ്ധിച്ച് അകമേക്കുള്ള ഈ സീക്രട്ട് പിടിച്ചു വെച്ചിട്ടില്ലെങ്കിൽ വായയാം വൻ പക എന്നാണ് മായ എന്തിയും പക എന്നുള്ളത് വെഞ്ചൻസ് മായ എന്ത് ചെയ്യും ഈ ശ അകമേക്ക് തിരിയുന്ന ആള് മായയുടെ ശത്രുവാണോ അവിദ്യ മായക്ക് അത് ഭ്രമമേകിടുന്നു നൂനം പലതും കൊണ്ടുവന്ന് ഇയാളിട്ട് വട്ടം കറക്കും അലാതസമം തിരിഞ്ഞിടുന്നു അതുകൊണ്ട് ശ്രദ്ധയെ സത്യത്തിൽ നിഷ്ഠമാക്കിക്കൊണ്ട് ജീവിക്കണം കൂഢസ്ഥത്തിൽ നിർത്തിണ്ട് ജീവിക്കണം വിഷയങ്ങളെയൊക്കെ കണ്ടോളൂ ഒന്നും കുഴപ്പുംപുങ് വിഷയേഷണ തത്വരൂപി ബ്രഹ്മാവലോകധിഷണാം ന ജഹാതി യോഗി സംഗീത താള ലയ നൃത്യവശം ഗതാപി മൗലിസ്ഥ കുംഭപരിരക്ഷണധീഹി നടീവ തലയിൽ വെച്ച കുംഭം വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുന്ന കുമ്പാട്ടം ചെയ്യുന്ന സ്ത്രീയെ പോലെ ലോകത്തിലെ വിഷയങ്ങളെയൊക്കെ കാണുമ്പോഴും പ്രാരബ്ധത്തിന്റെ താളമേളങ്ങൾക്കനുസരിച്ച് കൂത്താടുമ്പോഴും ശ്രദ്ധയെ സത്യത്തിൽ നിന്നും പതറാതെ നോക്കണം എന്നാൽ അയാൾക്ക് കുഴപ്പമൊന്നും വരില്ല സത്യത്തിൽ നിന്നും ശ്രദ്ധ പതറിയാൽ കുഴപ്പം വരും അതുകൊണ്ട് ആരാണോ അങ്ങനെ വ്യഭിചാരമുണ്ടാവാതെ ചിത്തം പുറമേക്ക് പോവാതെ പുറമേക്ക് പോയാലും അറിവുകൊണ്ട് പുറമേ നിന്നും വരുന്ന ആനന്ദമൊക്കെ ആത്മാവിനാണോ ഉണ്ടാവുന്നത് പുറമേയുള്ള വസ്തുക്കളൊക്കെ വെറും കാരണം മാത്രമാണ് എല്ലാ വികാരങ്ങളുടെയും ഉറവിടം അന്തര്യാമിയാണെന്നും ആ അന്തര്യാമി ഭഗവത് സ്വരൂപമാണെന്നും അറിഞ്ഞ് ലോകത്തിലുള്ള സകല നാമരൂപങ്ങളെ കാണുമ്പോഴും ഈ അന്തര്യാമി അതിന്റെ സോഴ്സായി അരി അറിഞ്ഞുകൊണ്ട് അവൻ അവ്യഭിചാരേണ ഭക്തിയോഗേന സേവതേ അവന് വ്യഭിചാരമേയില്ല സദാസമയം അവ്യഭിചാരോഗം അനുഷ്ഠിക്കുന്നത് കൊണ്ട് അവൻ പതുക്കെ പതുക്കെ പതുക്കെ പുറമേ എന്ത് െ കണ്ടാലും ഒരാളെ കണ്ട് കാമം തോന്നിയാൽ ഒരാളെ കണ്ട് അസൂയ തോന്നിയാൽ ഒരാളെ കണ്ട് ദ്വേഷം തോന്നിയാൽ യോഗിയായിട്ടുള്ളവൻ മനസ്സിലാക്കുന്നു ആ വ്യക്തിയോ ആ രൂപമോ ഒന്നും കാരണമല്ല എന്റെ ഉള്ളിലുള്ള ഓരോ തരത്തിലുള്ള കുഴപ്പങ്ങളെ അവർ പ്രതിഫലിക്കുകയാണ് അഥവാ ആ കുഴപ്പങ്ങളുടെ ബാഹ്യ രൂപങ്ങൾ മാത്രമാണ് ആ വ്യക്തികളൊക്കെ ഈ കുഴപ്പങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നു ഈ കുഴപ്പങ്ങളൊക്കെ ഞാൻ ഉണ്ട് എന്നുള്ള ബോധത്തിൽ തോന്നുന്ന അലകൾ മാത്രമാണ് അലയൊക്കെ വെള്ളം തന്നെയാണ് സമുദ്രവും വെള്ളമാണ് അന്തര്യാമിയിലുണ്ടാവുന്ന ചലനമൊക്കെ തന്നെ അന്തര്യാമിയുടെ തന്നെ സ്വരൂപമാണ് എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ സലില ഏകോ ദ്രഷ്ട ഭവതി ഒരേ വസ്തുവേ ഉള്ളൂ എന്നറിയുന്നവൻ വീണ്ടും വീണ്ടും വീണ്ടും സമാഹിതനായിക്കൊണ്ടേയിരിക്കും സമാധി ദശയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും അങ്ങനെ നിത്യനിരന്തര യോഗം ചെയ്യുന്നവൻ ബ്രഹ്മഭൂയായ കൽപ്പതേ ഭഗവാൻ പറയണത് അവൻ പതുക്കെ പതുക്കെ പതുക്കെ ഉള്ളിലുള്ള നാമരൂപങ്ങളെയൊക്കെ നീക്കം ചെയ്ത് നീക്കം ചെയ്ത് നീക്കം ചെയ്ത് വ്യവഹരിക്കുമ്പോൾ വിഷയവാസനകളെ നീക്കി നീക്കി നീക്കി അകമയുള്ള ശുദ്ധ ചിത്ത് ചിത്തത്തിന്റെ സമ്പർക്കമേയില്ലാതെ പ്രകാശിക്കുകയും അവൻ ബ്രഹ്മം തന്നെ ആയിത്തീരുകയും ചെയ്യും എന്ന് പറഞ്ഞു അപ്പോ അടുത്ത ശ്ലോകം നോക്കാം ണോ ഹി പ്രതിഷ്ഠാഹം അമൃതസാവ്യയസ്വത സുഖ്യൈകാന്തിക ഈ ശ്ലോകം വളരെ നിഗൂഢമാണ് പല ആളുകളും പല വിധത്തിൽ വ്യാഖ്യാനം ചെയ്യുന്ന ശ്ലോകമാണ് വൈഷ്ണവസംപ്രദായക്കാരൊക്കെ ഇതിനെ പിടിച്ചുകൊണ്ടാണ് പലവിധത്തിലും വ്യാഖ്യാനം ചെയ്യണം ബ്രഹ്മണോ പ്രതിഷ്ഠാഹം അമൃത അസുഖാന്കണത് ബ്രഹ്മണ പരമാത്മനസ്മാതിഷ്ടഹം പ്രതിഷത്തി അസ്മൻ ഇതി പ്രതിഷ്ഠാ അഹം പ്രത്യത്മാരുക്കത്തിൽ ത്വം പദം തത്പഥത്തിന്റെ പ്രതിഷ്ഠയാണ് എന്നാണ് ഒരു വിധത്തിൽ ഒരു ഡയ്മെൻഷനിൽ അതായത് ഞാൻ എന്ന ജീവൻ പരമേശ്വരന് പ്രതിഷ്ഠയാണ് എന്നുവെച്ചാൽ ജീവാഹന്തയെ വിചാരം ചെയ്ത് വേണം പരമേശ്വരനെ അറിയാൻ അഹമെന്ന അനുഭവത്തിനെ പ്രത്യേകാത്മാവിനെ വെച്ചുകൊണ്ട് വേണം പരമാത്മാവിനെ അറിയാൻ പ്രത്യേകാത്മാവും പരമാത്മാവും രണ്ടല്ല ഈ പ്രത്യേകാത്മാവിനെ ശ്രദ്ധിച്ച് ആരാധിച്ചാണ് ബ്രഹ്മസാക്ഷാത്കാരവും ഉണ്ടാവണത് എന്നുള്ളത് കൊണ്ട് അഹം രമണ ഭഗവാന്റെ അടുത്ത് ഈ ശ്ലോകത്തിനെ ടോക്സിലൊരു അടുത്ത് ചോദിക്കുന്നുണ്ട് ഈ ശ്ലോകത്തിന് എന്താണ് അർത്ഥം ബ്രഹ്മണോഹി പ്രതിഷ്ഠാഹം എന്ന് കൃഷ്ണൻ പറയുന്നുവല്ലോ അപ്പൊ ഭഗവാൻ പറയണത് ആ അഹം എന്താണ് ആ അഹം നിങ്ങളുടെ ഉള്ളിലുള്ള അഹമാണ് എന്ന് അറിഞ്ഞ് ആ അഹത്തിന്റെ പൊരുൾ അറിഞ്ഞാൽ ഈ ശ്ലോകത്തിന് അർത്ഥം അറിയാമോ ബ്രഹ്മണോഹി പ്രതിഷ്ഠാഹം ്രഹ്മത്തിന്റെ പ്രതിഷ്ഠ എന്ന് വെച്ചാൽ ബേസ് അധിഷ്ഠാനം ഞാൻ എന്ന ബോധത്തിലാണ് എന്ന് വെച്ചാൽ ഞാൻ എന്ന ബോധത്തിൽ കേന്ദ്രം ശ്രദ്ധ പതിപ്പിക്കാതെ ബ്രഹ്മത്തിനെ അറിയാൻ കഴിയില്ല ആ ബ്രഹ്മത്തിന്റെ സ്വഭാവം എന്താ അമൃതസ്യേ അവയസ് അത് അമൃത സ്വരൂപമാണ് മരണമില്ലായ്മയും അവ്യയും ഒരിക്കലും വ്യയമില്ല ബയോളജിക്കൽ എനർജി വിൽ ഗെറ്റ് എക്സോസ്റ്റഡ് Psychic energy also will get സൈക്കിക് എനർജി ഓൾസോ വിൽ ഗെറ്റ് എക്സോസ്റ്റഡ് യു സെർച്ച് ഫോർഎക്സോസ്റ്റിബിൾ സോർസ് ദിസ്ഇസ് ഇൻഎക്സോസ്റ്റിബിൾ അവ്യയം ഭൗതികം ശാരീരികമായ ഊർജമൊക്കെ പോവും മാനസികമായ ഊർജവും വ്യയമാവും പക്ഷെ എല്ലാ ഊർജത്തിന്റെയും മൂലസ്രോതസ് മൂല സ്ഥാനമാണ് അഹമെന്ന ജീവാഹന്തയുടെ മൂലം അവിടെ നിന്നുകൊണ്ട് വേണം ജഗത്തിനെ മുഴുവൻ ഉപാസന കൊണ്ട് നീക്കാൻ ശാശ്വത ശാശ്വതധർമ്മം എന്താ ലൗകികധർമ്മം വരെ ശാശ്വതധർമ്മം വരെ ശാശ്വതധർമ്മത്തിനാണ് ഭാഗവതധർമ്മം എന്ന് പറയുന്നത് ശ്രുതി എന്ന് പറയുന്നത് അതാണ് അതായത് ജീവന് പരമാത്മ സാക്ഷാത്കാരത്തിനുള്ള ധർമ്മമാണ് ശാശ്വതധർമ്മം ആ ശാശ്വതധർമ്മവും ഈ അന്ധര്യാമയിൽ നിഷ്ഠമാണ് സുഖസ്യ ഐകാന്തികസ്യ ഇന്ന് വരികയും നാളെ പോവുകയും ചെയ്യുന്ന സുഖമല്ലാതെ നിത്യനിരന്തരമായ സുഖത്തിനെ നേടണമെങ്കിലും ദൃശ്യത്തിൽ നിന്നും ദൃക്കിലേക്ക് വരികയും ദൃക്കിൽ സുഖത്തിനെ കാണുകയും ചെയ്താലേ ആ സുഖം നിത്യനിരന്തരമായിട്ട് നിൽക്കുകയുള്ളൂ അതുകൊണ്ട് ഐകാന്തികമായ സുഖത്തിനും ശാശ്വതമായ ധർമ്മത്തിനും മരണമില്ലായ്മയുടെ അനുഭവത്തിനും ഞാൻ എന്ന ഈ ഞാൻ ഞാൻ എന്ന് അനുഭവപ്പെടുന്ന ഈ ഹൃദയത്തിൽ അനുഭവപ്പെടുന്ന ഈ ബോധത്തിനെ വിചാരം കൊണ്ട് തെളിഞ്ഞ് അനുഭവിക്കണം അങ്ങനെ അനുഭവിച്ചാൽ ഗുണങ്ങൾക്ക് അതീതനായിപ്പോയി അവൻ ബ്രഹ്മഭൂയായ കൽപ്പത്തെ പക്ഷെ വ്യവഹാരം ചെയ്യുമ്പോൾ അനേക നാമരൂപങ്ങൾ ഉള്ളിൽ പൊന്തി അനേക വ്യക്തികൾ പുറമേക്ക് കാണപ്പെടും അവരുമായിട്ടൊക്കെ നമ്മൾ റിലേറ്റഡ് ആകും ബന്ധപ്പെടും ഇതൊക്കെ ചെയ്യുമ്പോഴും ഭഗവാൻ പറഞ്ഞത് വ്യഭിചാരമുണ്ടാവാതെ ശ്രദ്ധിക്കുക വ്യഭിചാരം എന്ന വാക്ക് നമ്മൾ സാധാരണ വളരെ അശ്ലീലമായ വാക്കായിട്ടാണോ ഉപയോഗിക്കാറ് ഇവിടെ ഭഗവാൻ പറഞ്ഞത് ആത്മാവിനോടല്ലാതെ എന്തിനോട് ബന്ധപ്പെട്ടാലും വ്യഭിചാരമാണെന്നാണ് കാരണം അതൊക്കെ ദുഃഖിപ്പിക്കും അതുകൊണ്ട് തന്നെ നിത്യവസ്തുവായ ആത്മാവിനെ വിട്ടുകളയാതെ അനിത്യദ്രവ്യങ്ങളിൽ വ്യവഹരിക്കുകയും അനിത്യദ്രവ്യങ്ങളൊക്കെ തന്നെ ഇതിന്റെ ഒരു പുറമേക്ക് കണ്ണാടിയിൽ കാണുന്ന പോലെ കാണുന്നത് മാത്രമാണ് പ്രപഞ്ചം കണ്ണാടിയിലെ പ്രതിഫലനമാണ് കണ്ണാടിയിൽ ശരിക്കാണോ കാണുക ശരിക്കാണോന്ന് തോന്നും അല്ലെ കുളത്തിൻ്റെ കരയിൽ നിൽക്കുന്ന ഒരു മരം കുളത്തിൽ പ്രതിഫലിക്കുമ്പോ നേരെ ചൊവ്വയാണോ പ്രതിഫലിക്കുക എങ്ങനെയുണ്ടാവും െ അതുകൊണ്ടാണ് അടുത്ത അധ്യായത്തിൽ തലകിഴായി നിൽക്കുന്ന മരത്തിനെ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് ഊർധ്വമൂലമാഖം പ്രപഞ്ചം തലകിഴായി നിൽക്കുന്ന വൃക്ഷമാണ് അതിന്റെ വേര് ഹൃദയത്തിലും ശാഖകളൊക്കെ പുറത്തുമാണ് അത് കണ്ണാടിയിൽ കാണുകയാണ് വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരി നിങ്ങൾ കണ്ണാടിയാണ് നോക്കുന്നത് ബിംബത്തിനെയല്ല പ്രതിബിംബത്തിനെ കാണുന്നത് കൊണ്ട് അത് തലകീഴായിട്ടേ ഇരിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ലോകം കണ്ണാടിയിൽ കാണുന്ന നഗരമാണെന്ന് പറഞ്ഞത് ഇനി തുടർന്നുള്ള അധ്യായങ്ങളിൽ ഭഗവാൻ ഇനി എപ്പോഴാണോ അടുത്ത സന്ദർഭം ആ സമയത്ത് നമുക്ക് ഈ ഗീതാ പ്രഭാഷണമൊക്കെ തുടർന്ന് നടത്താം എല്ലാം കഴിഞ്ഞിട്ട് നാമസങ്കീർത്തനം ചെയ്തിട്ട് എഴുന്നേക്കാം ഇപ്പൊ നമ്മുടെ നമ്പിയാർ സാർ ഇവിടെ ഒന്ന് ഇതിന്റെ ഒരു സമാപനമായിട്ട് എല്ലാം ഒന്ന് ചുരുക്കി പറയും അതിനുശേഷം നമുക്ക് പതിവ് പോലെ നാമസങ്കീർത്തനം ചെയ്തുകൊണ്ട് സമാപിക്കാം